അവൻ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഞാനൊരു പർവ്വതത്തിൽ അഭയം തേടാം അദ്ദേഹം പറഞ്ഞു അല്ലാഹു സുബാനഹുവറ്റ ആല കരുണ ചെയ്തവരൊഴികെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഇന്ന് രക്ഷിക്കാൻ ആരുമില്ല പിന്നീട് തിരമാലകൾ അവർക്കിടയിൽ തടസ്സമായി വന്നു അങ്ങനെ അവൻ മുങ്ങിമരിച്ചവരിൽ ഒരാളായി